ധ്യായം നാലെ എന്നാൽ ബോവസ് പട്ടണവാദുക്കൾ ചെന്ന് അവിടെ ഇരുന്ന് ബോവസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നുപോകുന്നത് കണ്ട് എടോ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്കാ എന്ന് അവനോട് പറഞ്ഞു അവൻ ചെന്ന് അവിടെ പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ പത്തുപേരെ വരുത്തി ഇവിടെ ഇരിപ്പിൻ എന്നു പറഞ്ഞു അവരും അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത് മോവാബ് ദേശത്തുനിന്ന് മടങ്ങിവന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലിമെലേക്കിന്റെ വയൽ വിൽക്കുന്നു ആകയാൽ നിന്നോടത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിന്റെ മുപ്പന്മാരുടെയും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറക നീയും നീ കഴിഞ്ഞിട്ട് ഞാനുമല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല അതിനവനവൻ ഞാൻ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ബോവസ് നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവന്റെ ഭാര്യ മോവാപ്യ സ്ത്രീയായ രൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു അതിന് വീണ്ടെടുപ്പുകാരൻ എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയയില്ല എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരുവരൂ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തു എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്നു പറഞ്ഞു എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തന്റെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുന്നത് ഇസ്രയേലിൽ പണ്ട് നടപ്പായിരുന്നു ഇതായിരുന്നു ഇസ്രയേലിൽ ഉറപ്പാക്കുന്ന അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോവസിനോട് നീയത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് തന്റെ ചെരുപ്പൂരി കൊടുത്തു അപ്പോൾ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത് എലിമെല്ലക്കിനുള്ളതൊക്കെയും കില്ലോനും മഹളോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങളിന്ന് സാക്ഷികളാകുന്നു അത്രയുമല്ല മരിച്ചവന്റെ പേർ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവന്റെ പട്ടണവാതുക്കളിൽ നിന്നും മഞ്ഞു പോകാതെ മരിച്ചവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മഹളോന്റെ ഭാര്യ മോവാഭ്യ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങളിന്ന് സാക്ഷികളാകുന്നു അതിന് പട്ടണവാതുക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ തന്നെ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ അവർ ഇരുവരുമല്ലോ ഇസ്രയേൽ ഗ്രഹം പണിതത് യഫ്രാത്തയിൽ നീ പ്രബലനും ബേത്ത്ഹേമിൽ വിശ്രൂതനുമായിരിക്കാം ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗ്രഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേരസന്റെ ഗ്രഹം പോലെ ആയിത്തീരട്ടെ ഇങ്ങനെ ബോവസ് രൂത്തിനെ പരിഗ്രഹിച്ചു അവൾ അവന് ഭാര്യയായി അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി അവൾ ഒരു മകനെ പ്രസവിച്ചു എന്നാറേ സ്ത്രീകൾ നവോമിയോട ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കും യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവന്റെ പേർ ഇസ്രയേലിൽ വിസൃതമായിരിക്കട്ടെ അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർധക്യത്തിങ്കൽ പോഷകനും ആയിരിക്കും നിന്നെ സ്നേഹിക്കുന്നവൾ ഏഴു പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചതെന്ന് പറഞ്ഞു നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി അവന് ധാത്രിയായിത്തീർന്നു അവളുടെ അയൽക്കാരുത്തികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേ എന്ന് പേർ വിളിച്ചു ദാവീദിന്റെ അപ്പനായ ഇഷായിയുടെ അപ്പൻ ഇവൻ തന്നെ ഫേരസിന്റെ വംശപാരമ്പര്യമാവത് ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു രാമിനെ ജനിപ്പിച്ചു രാം നാദാബിനെ ജനിപ്പിച്ചു അമ്മാബ് നഹർഷോനെ ജനിപ്പിച്ചു നഹർമോനെ ജനിപ്പിച്ചു സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി െ ജനിയിച്ചു